മക്കയിൽ അവതരിച്ചത് എന്നാൽ അഥവാ പ്രഭാതം എന്നാണ് അർത്ഥം പുലരിയുടെ രക്ഷിതാവായ അള്ളാഹുവോട് ശരണം തേടാൻ പഠിപ്പിച്ചിട്ടുള്ളത് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടത് പറയുക പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ നിന്ന് ഇരുളടയുമ്പോഴുള്ള രാത്രിയുടെ നിന്നും കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ കെടുതിയിൽ നിന്നും അസൂയാലു അസൂയപ്പെടുമ്പോൾ അവന്റെ കെടുതിയിൽ നിന്നും